അധ്യായം ഇരുപത്തി അഞ്ച് യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ നാലാമാണ്ടിൽ ബാബേൽ രാജാവായ നബുഗദനേശ്വറിന്റെ ഒന്നാമാണ്ട് തന്നെ സകല യഹൂദ ജനത്തെയും കുറിച്ച് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് ഇരമ്യാപ്രവാചകൻ അത് സകല യഹൂദ ജനത്തോടും സകല യരുശലേം നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെയെന്നാൽ ആമോന്റെ മകനായി യഹൂദ രാജാവായ യോസ്യാവിന്റെ പതിമൂന്നാം ആണ്ടു ഇന്നുവരെ ഈ ഇരുപത്തിമൂന്ന് സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെയും ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്ത കവണ്ണം നിങ്ങളുടെ ചെവി ചായച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗ്ഗവും ദുഷ്പ്രവർത്തികളും വിട്ട് തിരുവീൻ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത് നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായിക ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നബൂഗഥനേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുകും ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ എഴുപത് സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയേയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യനിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഇരമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെക്കൊണ്ട് സേവ ചെയ്യിക്കും ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവർത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും ഇസ്രയേലിന്റെ ദൈവമായ ഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു ഈ ക്രോധമധ്യം നിറഞ്ഞ പാനപാത്രം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കാം അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായിത്തീരും അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവയെന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു ഇന്നുള്ളതുപോലെ ശൂന്യവും മ്പനഹേതുവും പരിഹാസവിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് എസ്ലിമിനെയും യൂദട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും മിശ്രൈം രാജാവായ ഫറോവനെയും അവരുടെ ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവസമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫിലിസ്തീ ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും എക്രോനെയും അസ്തോതിൽ ശേഷിപ്പുള്ളവരെയും ഏതോമിനെയും മോവാബിനെയും അമ്മോന്യരെയും സകല സോർ രാജാക്കന്മാരെയും സകല സീതോന്യ രാജാക്കന്മാരെയും സമുദ്രത്തിനക്കരയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനെയും തേമയെയും ബൂസിനെയും തലയുടെ അരികുവടിച്ചവരെയൊക്കെയും എല്ലാ രാഭ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സിംമറി രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേദ്യരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നുമിരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളെയും തന്നെ ശേഷക് രാജാവോ അവരുടെ ശേഷം കുടിക്കണം നീ അവരോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിലയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാത്തവണ്ണം വീഴുവേൻ എന്നാൽ പാനപാത്രം നിന്റെ കൈയിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ല ഞാൻ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി നിങ്ങൾ കുടിച്ചേ മതിയാവൂ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ ശിക്ഷ കൂടാതെ പോകയില്ല ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ആകയാൽ നീ ഈ വചനങ്ങളെയൊക്കെയും അവരോട് പ്രവചിച്ച് പറക യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ചു തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് ടുവിക്കുന്നു അവൻ തന്റെ മേച്ചിൽപുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പുവിളിക്കുന്നു ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരം ഉണ്ട് അവൻ സകല ജട്ടത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകിവരും അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും അവരെക്കുറിച്ച് ആരും വിലപിക്കയില്ല അവരെ എടുത്ത് കുഴിച്ചിടുകയുമില്ല അവർ നിലത്തിന് വളമായിത്തീരും ഇടയന്മാരെ മുറയിട്ട് നിലവിളിപ്പീൻ ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്ന് ഉരുളുവിൻ നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉടച്ചു കളയും നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും യഹോവ മേച്ചൽപ്പുറത്തെ പാഴാക്കി കളയുന്നതുകൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും സമാധാനമുള്ള മേച്ചൽപ്പുറങ്ങൾ യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചുപോയിരിക്കുന്നു അവനൊരു ബാലസിംഹം എന്ന പോലെ തന്റെ മുറ്റുകാട് വിട്ട് വന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന വാൾ അവന്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു